അപോരുഷേയതയാ നിരസ്തസമസ്ത ദോഷാശങ്ക ബോധകതയാദ്ധ പ്രമാണഭാവസ് സ്വഭാവ റിമിതവും അനുഭവിച്ചുകൊടുക്കുക പ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് പ്രമ കർണം പ്രമാണം യോദാണോ പ്രമ യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നതാണ് പ്രമാണം പ്രത്യക്ഷത്തിൽ നിന്ന് യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നു പ്രത്യക്ഷം പ്രമാണം അനുമാനത്തിൽ നിന്ന് യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നു അനുമാനം പ്രമാണം അതുപോലെ ശബ്ദത്തിൽ നിന്ന് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നു അതുകൊണ്ട് ശബ്ദപ്രമാണം അപ്പൊ ശബ്ദ രണ്ടു തരത്തിലുണ്ട് ലൗകികവാക്യവും വൈദികവാക്യവും ലൗകികവാക്യങ്ങൾ അതിൽ നിന്നും ശബ്ദ ശാബ്ദപ്രമേ ഉണ്ടാകുന്നു ണം ഗമാണ് പശുവിനെ കൊണ്ടുവരുമെന്ന് പറയുന്നു ഇതൊരു ലൗകികവാക്യമാണ് ബോധം ഉണ്ടായത് പശുവിനെ കൊണ്ടുപോരും ഒരു വാക്യം പ്രമാണമാണ് അതെന്നും ബോധം ഉണ്ടായി പഴയ ചിന്തകളെല്ലാം തന്നെ പ്രമാണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇന്നത്തെ ഏത് കാര്യത്തിനും തെളിവാണ് ചോദിക്കുന്നത് എവിടെസ് തെളിവ് എന്താണ് പഴയകാലത്ത് ചോദിക്കുന്ന എന്താണ് പ്രമാണമെന്താണ് ഇപ്പൊ ചിലടത്ത് പ്രമാണവും തെളിവും ഒന്നും അവിടെ പശു നിക്കുന്നു അപ്പുറത്ത് ഇതിന്റെ പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു അതിനെന്താ തെളിവ് ഞാൻ പറയും ഞാൻ അവിടെ കണ്ടു കണ്ടിട്ടു അവിടെ പ്രത്യക്ഷം പ്രമാണം പ്രത്യക്ഷം തെളിവ് രണ്ടുമൊന്നു തന്നെ എന്നെ കണ്ണുകൊണ്ട് പറഞ്ഞാൽ അവിടെ പ്രത്യക്ഷമാണ് പ്രമാണെന്ന് അല്ല കണ്ണുകൊണ്ട് കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് തന്നെയാണ് എൻ്റെ തെളിവ് അത് അവിടെ രണ്ടുമൊന്നു തന്നെ പ്രമാണവും തെളിവും ഒന്നു പക്ഷേ യാഗം ചെയ്താൽ സ്വർഗം കിട്ടും എന്ന് പറയുന്നത് ഇതിനെന്താ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തെളിവൊന്നുമില്ല എവിഡൻസ് ഒന്നുമില്ല മറ്റേ പ്രമാണമാണ് വ്യത്യാസം എന്താ പ്രമാണം വേദി പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടു തമ്മിൽ വ്യത്യാസം അപ്പൊ അതീന്ദ്രിയമായ കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് കാണാനും കേൾക്കാനും അറിയാൻ കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് തെളിവ് ഹാജരാകാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല ഒരാള് സമർത്ഥമായി ഒരു മോഷം നടത്തി കൊലപാതകം നടത്തി കഴിഞ്ഞാലും ആരും കണ്ടില്ലെങ്കിലും പോലീസുകാർ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും തെളിവ് ഹാജരാക്കാൻ പറ്റും അവിടെ തെളിവാണ് അയാള് കുറ്റക്കാരനാണെന്ന് തെളിവ് കൊണ്ട് തെളിയിക്കാൻ പറ്റും അതാണ് തെളിവ് അതിലൊക്കെ അയാളുടെ ഒരു വിരൽ അടയാളം എന്നാണ് അത് വെച്ച് തെളിയിക്കാൻ പറ്റും പ്രമാണമെന്ന് പറയുന്ന അങ്ങനെയല്ല ഒരാള് മോഷണം നടത്തി എന്താ തെളിവ് അത് ഇന്ന ആള് പറഞ്ഞു മോശങ്ങൾ അത് തെളിവല്ല ആർക്കൊന്നും പറയാം വേദം പറഞ്ഞ് സർഗമുണ്ടെന്ന് വേദം പറഞ്ഞ അത് പറഞ്ഞാണ് മതി അത് പ്രമാണമാണ് അതുപോലെയാണ് ബ്രഹ്മത്തെ സംബന്ധിച്ച് ബ്രഹ്മമുണ്ട് നിങ്ങളെന്താ പ്രമാണം വേദം ഇങ്ങനെയുള്ള വേദം അല്ല എങ്ങനെയുള്ള ബ്രഹ്മം അതോടെ പറയേണ്ടി വരും ബ്രഹ്മം എന്ന് പറഞ്ഞപ്പോൾ നിത്യശുദ്ധ ബുദ്ധ മുക്തമായ പ്രവികാരമായ അനാജാനന്തമായ ചെറു അങ്ങനെയുള്ള ബ്രഹ്മം ഉണ്ടെന്നുള്ളതിനെന്താണ് തെളിവല്ല എന്താണ് പ്രമാണം വേദന ഇത് തന്നെയാണ് ഖുറാനെ സംബന്ധിച്ചും ബൈബിളിനെ സംബന്ധിച്ചും ഒക്കെ പറയുന്നത് അള്ളാഹും ഭർത്താവും എല്ലാ തെളിവല്ല ചോദിക്കുന്നത് മുന്നേ പ്രമാണം അതുകൊണ്ട് തെളിവ് ആവശ്യപ്പെടുന്നവരും പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവരും നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു തീരുമാനമാകട്ടില്ല പലർക്കും ഇത് മനസ്സിലാകത്തുണ്ട് ഈ നിരീശ്വരവാദികളും ഈശ്വരവാദികൾ നമ്മൾ ചർച്ച നടത്തുമ്പോൾ എന്താണ് ചർച്ച നടത്തുന്നത് രണ്ടു പേർക്കും കൂടി കിട്ടത്തില്ല അത് ഞങ്ങൾ തോന്നുന്നു കാരണം നിന്നിട്ട് ഈശ്വരവാദി എന്താ പറയുന്നത് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വരനുണ്ടെന്ന് നിരീശ്വരവാദി എന്താ ചോദിക്കുന്നത് ഈശ്വരനുണ്ടെന്നില്ല എന്താണ് തെളിവെന്ന് ഈശ്വരവാദിയെ സംബന്ധിച്ച് തെളിവ് ഹാജരാക്കേണ്ട ആവശ്യമായാക്കില്ല എന്നുകൊണ്ട് അയാളെ സംബന്ധിച്ച് തെളിവല്ല പറ്റും പിന്നെ എന്താണ് പ്രമാണം ഞങ്ങളുടെ പ്രസ്താവത്തിൽ പറഞ്ഞിട്ടുണ്ട് വേറെ അതിന് തെളിവ് ആവശ്യമുള്ള ഒരു കാര്യമേ അല്ല അതിന് തെളിവില്ല അതിന്റെ ആവശ്യം ഞങ്ങൾ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരനാണ് വീണ്ടും വീണ്ടും നിരീശ്വരവാദി എന്താ പറയുന്നത് അതിന് തെളിവില്ല തെളിവില്ല എന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റേൾ പ്രമാണമുണ്ട് പ്രമാണമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഒരാൾ പ്രമാണത്തിലൂടെ ഈശ്വരനം ഉണ്ടെന്ന് പറയും ഒരാൾ തെളിവ് കൊണ്ടു വരാനാവശ്യപ്പെട്ടുകൊണ്ടിരിക്കും തെളിവില്ല തെളിവില്ലെന്ന് പറഞ്ഞ് ഈശ്വര ഇത് ഈ ചർച്ച രണ്ടു വഴിക്ക് പോയി രണ്ടൂരും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഇല്ല ഇത് രണ്ടു കൂട്ടർക്കും മനസ്സിലാകാറില്ല പല ചർച്ചകളിലും ഞങ്ങളു എവിടെ നിൽക്കുന്നു ഒരാൾ പ്രമാണത്തിൽ പിടിച്ചിരിക്കുന്നു ഒരാള് തെളിവാവശ്യപ്പെടുന്നു ഇപ്പൊ ഇവിടെ ബ്രഹ്മമുണ്ടെന്നുള്ളതിന് തെളിവല്ല പിന്നെ എന്താണ് എന്താണ് പ്രമാണമാണ് അതിനെ കുറിച്ചു വേദം പ്രമാണമാണ് എന്നു പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നു അത്ര അല്ല വേദത്തിൽ പറഞ്ഞ എന്തുകൊണ്ട് ശരിയാവും വേദം അപൂരിഷയാണ് ഏതാ അപൂരിഷേയവും പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം മനുഷ്യരായാലും ഉണ്ടാക്കിയല്ലോ ഈശ്വരൻ ഉണ്ടാക്കിയല്ലോ ബ്രഹ്മുണ്ടെന്ന് ആര് പറഞ്ഞോ ണ്ടാക്കിയെന്നോ ഈശ്വരൻ വെളിപ്പെടുത്തിയെന്നോ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരന്റെ അങ്ങനെയാണ് ഇവിടെ ബ്രഹ്മത്തെ കുറിച്ചുള്ള ചർച്ച പോകുന്നത് അപ്പോ ഇവിടെ അതിന് വാചസ്പതി മിശ്രൻ എന്തെയ്യുന്നു വേദം പറഞ്ഞാ ഉണ്ട് അതിനെ സംശയിക്കുന്നു കേട്ടോ ഇക്കാര്യം ഉറപ്പിക്കുകയാണ് വേദം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മ അപ്പൊ ഇവിടെ ഈ പ്രകടനങ്ങളിലെല്ലാം വാചസ്പതി മിശ്രൻ പിന്തുടരുന്നത് ബ്രഹ്മസുദ്ധി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് മണ്ഡല മിശ്രൻ എന്ന് പറയുന്ന ആളിന്റെ ബ്രഹ്മസ്ഥിതി ബ്രഹ്മസ്ഥി പറയുന്ന പല കാര്യങ്ങളും ഇതിൽ അതുപോലെ തന്നെ ആവർത്തിക്കുന്നതുകൊണ്ട് ചില ആൾക്കാർ പറയും മണ്ഡലപൃഷ്ടസേവിചസ്പതി എന്ന് പറയും ഗവൺമെന്റിന് പല ഭാഗത്തും അങ്ങനെയാണ് മണ്ഡലമിശ്രന്റെ പൃഷ്ഠസേവി എന്ന് വെച്ചാൽ പിറക്കുന്ന ആളെന്നുള്ള അർത്ഥം മണ്ഡലമിശ്ര എന്ത് പറഞ്ഞോ അത് പറയുന്ന ആളാണ് ആര് വാചസ്പതി എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നത് വാചസ്പതിയുടെ അനുയായത്തതിന് കുഴപ്പമൊന്നുമില്ല അവര് പറയും ആര് ശരി പറഞ്ഞാലും തീരുണ്ട് മണ്ഡലമിശ്രം പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ആ രീതിയിലാണ് കൂടുതല വാദം പോകുന്നത് മണ്ഡലമിശ്രന്റെ ഏതും ശരിയെന്ന് പൂർണമായും അങ്ങനെയല്ല വാചസ്പതി ഒരുപാട് വിവരമുള്ള ആളാണ് അതുകൊണ്ട് കുറച്ചും വേറെ കാര്യങ്ങളും പറയും എന്നാലും ഇത് അടിസ്ഥാനപരമായിട്ടവിടെ ഉണ്ട് മണ്ഡലപൃഷ്ടസേവിചസ്പതി അപ്പം വേദത്ത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു അദ്വീയമായ ആന്ധതത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് അത് അതിന്റെ മുഖ്യമായ അർത്ഥം തന്നെ അല്ല ഗൂഢമായ അർത്ഥം അല്ല അപ്പോ വേദം പ്രമാണമാണ് പക്ഷെ അപ്പൊ മറ്റൊരു പ്രമാണം അവിടെ വരും പ്രത്യക്ഷം വേദവും പ്രത്യക്ഷവും വേദം പറയുന്നത് ജഗത് മിഥ്യാണ് നേഹനാനാസ്തി അതോ അന്യതാർത്ഥം ഇതൊക്കെ അദ്വൈതർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണോ ബാക്കിയെല്ലാം മിഥ്യയാണ് പക്ഷെ പ്രത്യക്ഷത്തിൽ എന്താ അനുഭവപ്പെടുന്നത് പ്രപഞ്ചസത്യമായിട്ടാണ് അപ്പോ ഇത് രണ്ടും തമ്മില് വൈദഗ്ദ്യം ശ്രുതി എന്ന് പറയുന്നു ജഗന്മിക്ക പ്രത്യക്ഷ അനുഭവം എന്താണ് സത്യമാണ് പൂർവക്ഷി പറയുന്നത് ജ്യേഷ്ഠ പ്രമാണം വെച്ചാൽ എല്ലാ പ്രമാണങ്ങളും ആശ്രയിക്കുന്ന പ്രമാണം പ്രത്യക്ഷമാണ് അതുകൊണ്ട് പ്രത്യക്ഷത്തെ സ്വീകരിക്കണം ശ്രുതിയെ തള്ളിക്കളയാണ് അപ്പോൾ പ്രത്യക്ഷ സ്വീകരിച്ചതെന്ന് പറയേണ്ട ഒരു പ്രപഞ്ചസത്യമാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരാത്മാ ബ്രഹ്മത്തെ ആർക്കും അറിയത്തുന്ന പ്രത്യക്ഷത്തിലൂടെ നിത്യശുദ്ധബുദ്ധമായ ബ്രഹ്മം പ്രത്യക്ഷമാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യം എന്ന് പറയുന്നതിന് പ്രത്യക്ഷമല്ല ശ്രുതി മാത്രമാണ് പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ബ്രഹ്മമൊന്നുമില്ല ഉള്ളതെന്താണ് പ്രപഞ്ചമാണ് അസത്യമാണ് അതുകൊണ്ട് അതിന് വിരോധമായ കാര്യങ്ങളാണ് എന്താണ് ശ്രുതി പറയും നമ്മൾ എന്തെങ്കിലും നമ്മൾ സംസാരിക്കാറില്ല ആരോടെങ്കിലും കാണാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ കാണുന്നതാണെന്ത് പ്രധാന കാണാത്ത കാര്യം പറയുക എന്ന് പറഞ്ഞാൽ കേട്ട കാര്യങ്ങളൊന്നും പറയുന്നു നീ കണ്ടോ എങ്കിൽ അത് പറയുക എന്ന് പറയും അതുപോലെന്നെ ഇവിടെയും പറയുന്നു പ്രത്യക്ഷമാണോ പ്രത്യക്ഷത്തിൽ എന്ത് കണ്ട അത് പറയുക അത് സത്യം ഒന്നാ പ്രപഞ്ചം അത് പറയുക പ്രപഞ്ച മിഥ്യ എന്ന് പറയുന്നത് കാണാത്തതാണ് കേട്ടതാണ് വേദം പറഞ്ഞാണ് അത് സ്വീകരിക്കരുതെന്ന് അതുകൊണ്ട് പിന്നെ വേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നതോ ്രഹ്മം സത്യഞ്ജ്ഞാനന്ദം അതൊക്കെ ദ്രൂണമായി അമുഖ്യമായി പറഞ്ഞിരിക്കുകയാണ് വേറെ പല അർത്ഥങ്ങളും അതിനുണ്ട് അങ്ങനെയെടുക്കത് പൂർവക്ഷം പറയുമ്പോൾ അതിന് സമാനം പറയാണ് തസ്യ അപൌരുഷേയതയാ തസ്യ എന്ന് വെച്ചാൽ വേദം അപൌരുഷേയമാണ് എന്നുവെച്ചാൽ മനുഷ്യനിർമ്മിതമല്ല ഈശ്വരപ്രോപ്തമാണ് ഈശ്വരപ്രവൃത്തമായതുകൊണ്ട് എന്താണ് നിരസ്ത സമസ്ത ദോഷാശങ്ക സമസ്ത ദോഷാശങ്കളും നിരസിക്കപ്പെട്ടതാണ് ഇല്ലാത്തതാണ് ഏത് വേദത്തിലെന്താ ഒരു ദോഷമില്ലാത്തത് വേദത്തിലും ഒരു ദോഷമില്ലാത്തത് എന്തുകൊണ്ട് ഈശ്വരന് ദോഷമില്ല അതുകൊണ്ട് ഈശ്വരന് ദോഷമില്ലാത്തതുകൊണ്ട് ഈശ്വരം പറഞ്ഞ കാര്യത്തിലും ദോഷമുണ്ട് ഒരു ദോഷമില്ലെന്ന് പറഞ്ഞാൽ അജ്ഞാനം സംശയം വിപരീഷം മൂന്ന് ദോഷങ്ങളും വേദത്തിലെ അജ്ഞാനത്തിലുണ്ട് വേദപ്രമ വേദത്തിൽ നിന്നുണ്ടാകുന്ന ഈ ജ്ഞാനത്തിൽ മൂന്ന് ദോഷം അജ്ഞാനം കാണത്തില്ല സംശയം കാണത്തില്ല വിപരീം കാണത്തില്ല അതാണ് സമസ്ത നിരസ്ത സമസ്ത ദോഷാശങ്ക സമസ്ത ദോഷാശങ്കകളും നിരസിക്കപ്പെട്ടതാണ് വേദം അത് അപോരിഷേയമായതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നത് പിന്നെ സ്വതസിദ്ധ പ്രമാണഭാവസ് ബോധകതയാ സ്വതസിദ്ധമായ പ്രമാണഭാവം പ്രാമാണ്യം വേദമെന്ന് പറയുന്നത് എന്താണ് അത് സ്വയം പ്രമാണമാണ് അതിന് ഈ പ്രമാണം പ്രമേയം ഉണ്ടാകുന്നതാണെന്ത് പ്രമാണം വേദത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകും അതിന് വേദം മറ്റൊന്നിനെ അപേക്ഷിക്കേണ്ട ആവശ്യമാണ് സ്വതസിദ്ധ പ്രമാണഭാവം സാധാരണ പോലെ അല്ല ഇപ്പൊ എന്നോട് പറയുന്നത് താഴെ ഓഫീസിൽ നരേന്ദ്രമോദി വന്നു എന്നൂടെന്നൊരാള് പറയൂ അത് എനിക്ക് വാക്യത്തിൽ നിന്ന് ഞാനുണ്ടാകുകയാണ് എനിക്ക് ബോധം ഉണ്ടായി അയാൾ പറഞ്ഞു കേട്ടോ മനസ്സിലായി നരേന്ദ്രമോദി താഴെ ഓഫീസിൽ പക്ഷെ അങ്ങനെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായതിന് എനിക്ക് അതിന് അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം ഉണ്ടായി സംശയിക്കുക അയാൾ പറഞ്ഞു ചേച്ചി ആണോ ഈ സമയത്ത് ഇങ്ങനെ നരേന്ദ്രമോദി ഇവിടെ വരും ഇനി ഇയാൾക്കും എല്ലാം പറ്റിയാണോ എനിക്ക് ഭ്രവം പറ്റിയാണോ അല്ല അങ്ങനെയാണോ പറഞ്ഞത് അജ്ഞാനസംശയ വിവരങ്ങളെല്ലാം വരാം എന്തുകൊണ്ട് ഞാൻ കേൾക്കുന്നത് എന്താണോ വാക്യമാണ് ഒരാളുടെ വാക്യമാണ് വാക്യത്തിൽ നിന്നൊരറിവുണ്ടാകുമ്പോൾ എനിക്ക് അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം വരാം എന്നുവെച്ചാൽ വാക്യം എന്ന് സ്വയം പ്രമാണമല്ല ഈ പറഞ്ഞ വ്യക്തി ചിലപ്പോ എന്നെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും അയാളൊരു ചതിയനായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് ഭ്രാന്തി സംഭവിച്ചായിരിക്കും ഒരാളിൽ നിന്ന് കേൾക്കുന്ന വാക്യത്തിൽ നിന്ന് എനിക്ക് ബോധം ഉണ്ടായാലും എനിക്ക് സംശയവും മറ്റും വരും വാക്യം എന്ന് പറയുന്നത് എന്താണ് സ്വതസിദ്ധ പ്രമാണം അല്ല സ്വയം പ്രമാണം എന്താണ് അതുകൊണ്ട് എന്ത് വേണ്ടി വരുന്നു ഞാൻ ഇവിടുന്ന് ഉടനെഴുന്നേറ്റ് ഓടുന്നു ഞാനൊരു മോദി ഭക്തനാണ് ഇനി ഇപ്പം നരേന്ദ്രമോദിയൊക്കെ ആണ് ഞാൻ ഓഡിയോ ഓഫീസിൽ നിന്ന് പോകുന്നതാണ് അവിടെ നരേന്ദ്രമോദി ഇരിപ്പുണ്ട് ഞാനെന്ത് ചെയ്തു മറ്റൊരു പ്രമാണത്തെ ആശ്രയിച്ചപ്പോഴാണ് എനിക്ക് പ്രമേയം ഉണ്ടായത് ഏത് പ്രമാണത്തെ ആശ്രയിച്ചു പ്രത്യക്ഷം ഞാൻ പോയി കണ്ടു ശബ്ദപ്രമാണത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രത്യക്ഷ ശബ്ദ പ്രമാണമെന്ന് പറയുന്നത് മറ്റ് പ്രമാണത്തെ ആശ്രയിച്ചാലേ അതിൽ നിന്ന് അത് പ്രമാണമാകത്തുള്ളൂ എന്നിട്ട് അതിൽ നിന്നും ബോധമുണ്ടാകത്തുള്ളൂ എങ്ങനെയാണ് കേട്ടില്ല ശരിയായ ബോധം ഉണ്ടാകത്തുള്ളൂ പ്രമേയം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിലും ബോധം ഉണ്ടാകുന്നു അയാൾ എന്നോട് എന്ന് പറയുന്നത് അവിടെ മെലോ ഇന്ത്യന്ന് പറയുമ്പോൾ എനിക്ക് ബോധം ഉണ്ടായിക്കും ഉണ്ടായി ബോധം ഉണ്ടാകില്ല പക്ഷെ പ്രമ അജ്ഞാനാതി ദോഷം കൊണ്ടും ഇല്ലാത്ത പ്രമേയം ഉണ്ടാവണമെങ്കിൽ എന്തുകൂടെ വേണം എനിക്ക് പ്രത്യക്ഷ പ്രമാണം വേണം കാരണം ഞാൻ ഇവിടെ ഏകദേശം അവിടെ പോയി നോക്കണം കാരണം എനിക്ക് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ സമയത്ത് നരേന്ദ്രമോദി വരത്തില്ല ഇപ്പം ഡൽഹിയിലാണോ അല്ലെങ്കിൽ വിദേശയാത്രയിലാണോ പക്ഷേ ഞാൻ അവിടെ പോയി നോക്കി കണ്ടു കഴിഞ്ഞാലോ എനിക്കുണ്ടാകുന്ന പ്രമേയം എന്തായിരിക്കും ശരിയായ പ്രിക്കുണ്ടത് ശരിയായ പ്രമേയം സംശയമൊന്നുമില്ല അപ്പോ ശബ്ദപ്രമാണം പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിക്കുന്നത് സാധാരണ എങ്ങനെയാണ് പക്ഷെ വേദം അങ്ങനെയല്ല വേദം എന്താണോ അപ്പോ ഒരു ഷയമായതായതുകൊണ്ട് ദോഷങ്ങളില്ലാത്ത ഈശ്വരൻ പറഞ്ഞതായതുകൊണ്ട് അതിന് പ്രത്യക്ഷത്തിന്റെ ആവശ്യമുണ്ട് ഇയാൾ പറഞ്ഞപ്പം പ്രത്യക്ഷത്തിന്റെ ആവശ്യം വന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ട് പ്രത്യക്ഷത്തിന്റെ ആവശ്യം വന്നു അയാൾ പറഞ്ഞപ്പോ പ്രത്യക്ഷത്തിന്റെ ആവശ്യം എന്തുകൊണ്ട് വന്നു അയാൾ ഒരുപാട് ദോഷമുള്ള ആളാണ് ദോഷമുള്ള ആള് പറയുന്ന ഒരു വാക്യം നമുക്ക് സ്വപ്രമാണെന്ന് പറയാൻ പറ്റില്ല സ്വയം എന്ന് വെച്ചാൽ വേറെ ഒന്നിനെ അപേക്ഷിക്കാതെ തന്നെ അത് പ്രമാണമാണ് അതിന്നുണ്ടാകുന്ന യഥാർത്ഥം ഞാനൊന്നും പറയാൻ പറ്റില്ല ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് പല ഭാഗത്തും വരുന്നു അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാകാൻ പ്രയാസം വീണ്ടും ആവർത്തിക്കുന്നത് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നത് കൊണ്ടാണ് പക്ഷെ വേദം അങ്ങനെയല്ല വേദം ദോഷമുള്ള ഒരാൾ ഉണ്ടാക്കിയില്ല അത് അപൌരുഷീയമാണ് അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പ്രത്യേക ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥം തന്നെ ആയിരിക്കും അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ വേദം പറഞ്ഞ് സ്വർഗകാമോ യോജീതോ സ്വർഗം വേണ്ടോ യാഗം ചെയ്യണം അപ്പൊ സ്വർഗം ഉണ്ടോ ഇല്ലേ ഇതെന്ന് നമ്മൾ പറയാം എന്താണോ അവിടെ പോയി കണ്ട് തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് വേദത്തിൽ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്വതപ്രമാണമായി അത് മാത്രമല്ല വേദത്തിന്റെ പ്രത്യേകത എന്താണത് അജ്ഞാതാർത്ഥാപകമാണ് മറ്റു പ്രമാണങ്ങൾ കൊണ്ട് അറിയാമയ്യാത്തവരുടെ കാര്യത്തെ ബോധിപ്പിക്കുന്നതാണ് വേദം അതാണ് അതിന്റെ സ്വതപ്രാമാണമെന്ന് പറയുന്നത് നരേന്ദ്രമോദി അവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ് എനിക്ക് പലതരത്തിൽ അറിയാൻ പറ്റും ഇത് ഞാൻ ഇവിടെ കാണ ചുറ്റാ നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി വളഞ്ഞിരിക്കും ഇത് ഉറപ്പായിട്ടും പറയാം ഇവിടെ നരേന്ദ്രമോദി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് വളരെ വിശ്വസിക്കത്തക്ക രീതിയിൽ ആശ്രമത്തിന്റെ പ്രസിഡന്റ് ഒരിക്കലും ജീവിതത്തിൽ കളം പറയാത്തയാളാണ് എന്റെ അടുത്തൊന്നു പറയുന്നത് നരേന്ദ്രമോദി അവിടെ ഇരിക്കുന്നു ആപ്തനാണ് മറ്റു പ്രമാണങ്ങൾ സഹായം വേണ്ടി എന്നൊക്കെ ഞാൻ അനുമാനിക്കുന്നു പലതരത്തിൽ പക്ഷെ വേദം അങ്ങനെ വേദം പറഞ്ഞാൽ അത് സത്യം തന്നെയാണ് അതുകൊണ്ട് വാക്യത്തിൽ നിന്ന് നമുക്ക് ബോധമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പൗരുഷയമായ വാക്യത്തിൽ നിന്നും അപൌരുഷേയമായ വാക്യത്തിനും വ്യത്യാസമുണ്ട് പൗരുഷയമായ വാക്യങ്ങളിൽ നിന്ന് നമ്മൾ അറിയുന്നത് ജ്ഞാതമായ അറിയാൻ മറ്റു പ്രമാണങ്ങളിലൂടെ അറിയാൻ പറ്റിയ വിഷയങ്ങളെയാണ് അറിയുന്നത് അവിടെ ഒരു പശു വെക്കുന്നൊരാളെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യക്ഷമായി കണ്ട് അറിയാൻ പറ്റിയ കാര്യത്തെയാണ് അറിയുന്നത് അന്ന് സ്വതപ്രമാണ പക്ഷെ വേദമെന്ന് പറയുന്നത് അങ്ങനെയല്ല നമുക്ക് ഒരു പ്രമാണത്തിലൂടെ അറിയാൻ വയ്യാത്ത കാര്യത്തെയാണ് ബോധിപ്പിക്കുന്നത് ഉദാഹരണം നമുക്ക് തളിക്കാത്ത സ്വർഗം ബ്രഹ്മത്തെ തർക്കവിഷയമാണ് അതെടുക്കാൻ പറ്റില്ല സ്വർഗത്തെ എടുക്കും മീമാംസനും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് മറ്റൊരു പ്രമാണത്തിലൂടെ അറിയാൻ പറ്റില്ല അതറിയാൻ ഒരേ ഒരു വഴിയുള്ളു എന്താണ് വേദ അതാണ് അജ്ഞാതാർത്ഥ ജ്ഞാപകമായിട്ടാണ് വേദസ്വതപ്രമാണമായിരിക്കുന്നത് അജ്ഞാതമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു ഇതൊക്കെ മീമാംസകളുടെ സിദ്ധാന്തങ്ങളാണ് മനസ്സിലായി ആത്യന്തികമായ ഇന്ത്യക്ക് ലക്ഷ്യം എന്താണ് ഏ ബോധമില്ലാത്തമാരെ പറ്റിക്കുക വേദത്തിന് സ്വതപ്രാമാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ കയറ്റി കയറ്റി കയറ്റി കൊണ്ടുവച്ചിട്ടെന്ത് ചെയ്യും ഈ ശൂദ്രന്മാരീ സ്ത്രീയുടെ ഒക്കെ പറ്റിച്ച് ഇതിലൊക്കെ വിശ്വസിപ്പിക്കും സ്വർഗത്തിലും അവരവരൊക്കെ വിശ്വസിപ്പിച്ച് അവനെ കൊണ്ട് യാഗം ചെയ്ത് പത്ത് കാലത്തുണ്ടാക്കി സുഖമായിട്ട് ജീവിക്കുക അതിനുള്ള പരിപാടിയാണ് ഇതൊക്കെ പറയുന്നു അജ്ഞാതമായ അർത്ഥത്തെ ജാതിപ്പിക്കുന്നു ഒരു രീതിയിലും അറിയാൻ വയ്യാത്ത സ്വർഗ്ഗത്തെ ബോധിപ്പിക്കുന്നുള്ള സ്വതപ്രാമാണെന്നുണ്ടാകുന്നത് അവരും ഇതിനാണ് സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തം പറയുമ്പോ എന്താണോ സിദ്ധാന്തത്തിന്റെ പ്രത്യേകത എന്താണ് ഒരു തെളിവുമില്ലാതെ ഒരു കാര്യത്തെ ഉറപ്പിച്ചു പറഞ്ഞാൽ അതാണെന്ത് സിദ്ധാന്തവും എന്ത് കാര്യം പറയാം ഒരു തെളിവും അത് തെളിവോടുകൂടി ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ എന്തു പറയും സയൻസ് ശാസ്ത്രം എന്ന് പറഞ്ഞ നിങ്ങളുടെ വ്യത്യാസം തെളിവോടുകൂടി ഉറപ്പിച്ചു പറയ സൂര്യനിപ്പോ മേളനിപ്പോണ്ട് അതിന്റെ കാരണം ഇന്നതാണ് തെളിവോടുകൂടി പറഞ്ഞ ഉറപ്പിച്ചു പറയാണ് അതിൽ തെളിവ് ഹാജരാകുന്നു പറഞ്ഞ അത് സയൻസാണ് മറ്റേ അങ്ങനെയാണ് ഒരു തെളിവും വേണ്ട സ്വർഗമുണ്ട് എന്തുകൊണ്ട് വേദം പറഞ്ഞു എന്തുകൊണ്ട് വേദം സ്വതസിദ്ധ പ്രമാണമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അജ്ഞാതമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകും അതെന്തുകൊണ്ടത് ഈശ്വരപ്രോത്വമാണ് എന്തുകൊണ്ടത് എന്തുകൊണ്ട് ഈശ്വരൻ്റെ ഒരു ദോഷങ്ങളും ഇല്ലാത്ത ഞാനെ സംശയം വരിക ഈശ്വരനില്ല അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവിടെ കൊണ്ടെത്തിക്കും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കും നമ്മളെ കാശ് പഠിച്ചത് പിന്നെയാണ് സിദ്ധാന്തം എന്ന് പറയുന്നത് പക്ഷെ ഇതൊക്കെ എഴുതി വെച്ച കാലത്ത് പിന്നെ ഇവരെന്ത് ധൈര്യത്തിൽ എഴുതി എന്ന് നിങ്ങള് ചിന്തിക്കും എന്ത് ധൈര്യത്തിൽ എഴുതി ഏ ഇത് എഴുതുന്നവനും വായിക്കുന്നവനും എന്താണ് രണ്ടുപേരും ഒരേ കൂട്ടരാണ് ഞാൻ എഴുതി വച്ചിട്ട് ഞാൻ തന്നെ വായിക്കാണ് എന്നിട്ട് ഞാൻ തന്നെ പറയുന്നു കൊള്ളാം കേമമാണ് എഴുതും ഞാൻ തന്നെ വായിക്കുന്നതും കേൾക്കുന്ന തന്നെ അഭിപ്രായം പറയുന്നു ഞാൻ തന്നെ എന്നുവെച്ചാൽ ഒരേ വിഭാഗക്കാരാണ് മറ്റുള്ളവനോട് ഇത്ര പറയത്തത് എന്താണ് സ്വർഗം അവിടെ പോകാം പിന്നെ ഇത്രയൊക്കെ പറയുന്ന എന്തിനാണ് ഇത് പറയുന്നത് ഇനി അവൻ എങ്ങാനും ചാടിക്കയറി ചോദിക്കുകയാണ് അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവനെ അടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ഇങ്ങനെ പളഞ്ഞു പൊളഞ്ഞു പോകുന്ന വ്യക്തികളൊക്കെ പറയുക അവൻ ചോദിക്കത്തില്ല ചോദിക്കാൻ സാധ്യല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അവൻ അവന് വിദ്യാഭ്യാസമില്ല ശൂദ്രനെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഇല്ല അവന്റെ ജോലി എന്താണ് ഇവർ പറഞ്ഞ കേസ് വയ്ക്കുക ആചാര സംരക്ഷണം അതാണ് അവന്റെ ജോലി ഇവര് നടപ്പിലാക്കിയൊക്കെ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ആരുടെ ജോലി ശൂദ്ധയും ചെറിയതാണ് അവൻ എന്തിനു പറഞ്ഞു എന്തിനുവേണ്ടി പറഞ്ഞു കൊണ്ട് എന്താണ് നേടുന്നതെന്നുള്ളത് ഒരിക്കലും ചിന്തിക്കത്തില്ല അതുകൂടെ പറയാതിരുന്നാൽ ഇത് ശരിയാവത്തില്ല ഈ സ്വതപ്രാമാണ വരുമ്പോൾ അത് പറഞ്ഞേ തീരും ഭൂലോക തട്ടിപ്പാണത് ബുദ്ധിവള്ളവും ബുദ്ധിയില്ലാത്തവനെ പറ്റിച്ച ഒരു സംഭവമാണ് പക്ഷെ നാളെ സൂത്രം വിദ്യാഭ്യാസം ചെയ്യുന്നു അങ്ങനെ ബുദ്ധിയുണ്ടാവുമെന്നും ഇവർ ചിന്തിച്ചതേയില്ല അങ്ങനെ ഒരു ശാസ്ത്രത്തിലും സ്വതപ്രാമാണ അങ്ങനെ ഒന്നുമില്ല പറയാൻ പറ്റും ആരെങ്കിലും പറഞ്ഞതുകൊണ്ടൊരു കാര്യം ശരിയാവത്തില്ല പറഞ്ഞ കാര്യം ശരിയാണോന്ന് പരിശോധിച്ച് ശരിയാകുമെങ്കിൽ മാത്രമേ അത് ശരിയാകൂ പരിശോധിച്ചു നോക്കൂ ശരിയാകുമെങ്കിൽ അത് ശരിയാകും പറഞ്ഞതുകൊണ്ട് ശരിയാകും അപ്പൊ വേദത്തിൽ സ്വർഗമെന്ന് പറഞ്ഞിരിക്കുന്നു അത് ശരിയാവണമെങ്കിൽ എന്ത് വേണം നമുക്ക് പരിശോധിക്കാൻ അവസരം കിട്ടണം എങ്ങനെയെങ്കിലും അവസരം കിട്ടി പരിശോധിച്ച് ശരി സ്വർഗം കിട്ടുന്നറിഞ്ഞാ ഓക്കെ ചന്ദ്രനി പോയി മനുഷ്യ അവിടെ നിന്ന് പോലെ പാറയും അതൊക്കെ എടുത്തോണ്ടെങ്കിൽ നമ്മളോട് പറയാണ് അവിടെ ഇന്ന ഇന്ന മൂലകങ്ങളാണുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം എന്തുകൊണ്ട് അത് ഏതൊരു മനുഷ്യനും പരിശോധിച്ച് നോക്കത്തക്ക കാര്യങ്ങളാണ് പോയവർക്ക് മാത്രം ഉള്ള കാര്യമല്ല അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് തസ്യ വേദസ്യ അപൌരുഷേതയാ അത് അപോരുഷയമാണ് നിരസ്തമസ്തോ സമസ്ത ദോഷാശയങ്ങളെയും അത് നിരസിക്കപ്പെട്ടതാണ് സ്വതസിദ്ധപ്രമാണഭാവസ്യ ബോധകതയത് സ്വതസിദ്ധ പ്രമാണത്വത്തെ ബോധിപ്പിക്കുന്നതാണ് അത് സ്വയം തന്നെ അതായത് ഇപ്പോൾ ഒരാൾ പറയുകയാണ് സ്വയം വിളിച്ചു പറയുകയാണ് ഞാൻ സത്യമേ പറയത്തുള്ളു ഞാനൊരു സത്യവാനാണ് എന്നെ നിങ്ങൾ ഒരു കാരണവചാരും സംശയിക്കരുത് ഇങ്ങനെ പറയുന്നതുകൊണ്ട് അയാള് സത്യവാനാകണം എന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ ഞാനിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ സത്യസന്ധനാണ് സത്യസന്ധനാണ് പറഞ്ഞുകൊണ്ട് ഞാൻ സത്യസന്ധനാകും അങ്ങനെയല്ല മറ്റുള്ളവർ പരിശോധിച്ച് നോക്കണമെങ്കിൽ ഞാൻ സത്യസന്ധനാണ് എന്നിട്ട് ബോധ്യപ്പെട്ടാലേ ഞാൻ സത്യസന്ധനാകുമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് സത്യസന്ധനാകത്തല്ല വേദം അങ്ങനെയല്ല വേദമെന്ന് പറയുന്നത് എന്താണ് സ്വതസിദ്ധ പ്രമാണഭാവസ്യ ബോധകതയാണ് അത് സ്വയം പ്രമാണമാണ് പ്രത്യക്ഷം പോലെയുള്ള പ്രമാണങ്ങളുടെയൊന്നും ആവശ്യം എന്ന് ബോധിപ്പിക്കുന്ന ആ ഒരു വേദം തന്നെയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടങ്ങനെ ബോധിപ്പിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ അജ്ഞാതാർത്ഥ ജ്ഞാനമാണ് അവർ പറയും മനുഷ്യർക്ക് അജ്ഞാതമായ വിഷയങ്ങളെക്കുറിച്ച് അത് ബോധിപ്പിക്കുന്നു അതുകൊണ്ട് സ്വതസിദ്ധർത്ഥമാണ് സ്വയം പ്രമാണമാകുന്നു എന്ന് പറയുന്നതിന് ഇത് ശ്രദ്ധിക്കും മനസ്സിലാകണം അത് ഞാൻ ആവർത്തിക്കും പറയുന്നതിന് കാരണമാകാൻ അജ്ഞാതമായ സ്വതം വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് സ്വകാര്യ പ്രമിതൗ വേദം പ്രമാണമാണ് അതിന്റെ കാര്യമായ പ്രമിതി എന്ന് വെച്ചാൽ പ്രാമാണ്യത്തിൽ എന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തിന്റെ പ്രാമാണത്തിൽ ച്ചാ സ്വർഗകാമോ യജേത എന്നുപറയുന്ന വാക്യം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അറിവ് അത് ശരിയാണ് എന്നുള്ള കാര്യത്തിൽ അനപേക്ഷത്വം വേറൊരു പ്രമാണത്തെ അത് ആശ്രയിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് പരിശോധിക്കേണ്ട ആവശ്യമേ സാധാരണ പലരും പറയാനുള്ളത് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇത് ശരിയാണ് നീ കൂടുതൽ പരിശോധിക്കേണ്ട ആവശ്യമൊന്നും ശാസ്ത്രങ്ങളുടെയൊക്കെ നിലപാട് പലപ്പോഴും അങ്ങനെയാണ് എന്താണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞോ അത് ശരിയാണ് ശാസ്ത്രം ഒരിക്കലും തെറ്റത്തില്ല എന്ന് പറയും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ സയൻസെന്ന് തെറ്റിത്തരുത് സയൻസ് അങ്ങനെയല്ല സയൻസെന്ന് പറഞ്ഞപ്പോഴും അതിന്റെ അറിവില് തിരുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ശാസ്ത്രങ്ങളാണ് വൈമനും ഗൃഹാനും വേദവും അതാണ് പറയുന്നത് എന്താണ് പ്രമിതവും അനപേക്ഷത്വ അതിൽ നിന്നുണ്ടാകുന്ന ബോധം ശരിയാണെന്നുള്ള കാര്യത്തിൽ എന്താണ് അത് മറ്റൊരു പ്രമാണത്തെ അപേക്ഷിക്കുന്നില്ല അനപേക്ഷാ പ്രത്യക്ഷാദി പ്രമാണങ്ങളെ അത് ആശ്രയിക്കുന്നില്ല സാധാരണ രീതി പറഞ്ഞാൽ പറഞ്ഞാണ് ഒരു സ്വന്നാൽ നൂറ് തടവും സ്വന്തമാകും കേട്ടിട്ടുണ്ടാകും രജനീകാന്തിന്റെതായ ലോകമാണ് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ നൂറു തവണ പറഞ്ഞതുപോലെ ഇതാണ് വേദത്തിന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞാണ് ഇത് സിദ്ധാന്തമാണ് വൈദികന്മാരുടെ സിദ്ധാന്തമാണ് പുരോഹിതന്മാരുടെ സിദ്ധാന്തമാണ് അപ്പോ ഇത്രയാണ് വേദ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന പ്രാമാണെന്ന് വെച്ചാൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രമേയിലെ ശരി ആ പ്രമേയിലെ യാഥാർത്ഥ്യം അതിന് വേണ്ടി മറ്റൊരു പ്രമാണത്തെ ആശ്രയിക്കേണ്ട കാര്യം എന്നുവെച്ചാൽ അത് വേറൊരു പ്രമാണം കാര്യമില്ല എന്നാണ് ഇത് നമ്മൾ മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ എന്താണ് സയൻസിന്റെ മെത്തഡോളജി ആയിട്ട് നമ്മൾ തട്ടിച്ച് മനസ്സിലാവണം അവിടെ എന്താണ് ഒരു വിഷയത്തെക്കുറിച്ച് നിരന്തരമായ നിരീക്ഷണ പരീക്ഷണങ്ങളും നടത്തി ഒരാളൊരു സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതേ വിഷയത്തെക്കുറിച്ച് ലോകം മുഴുവൻ ശാസ്ത്രജ്ഞന്മാർ വീണ്ടും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ ശരിയാണോ എന്നറിയാം അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുകയാണ് പുതിയ സിദ്ധാന്തം കൊണ്ടുവരികയാണ് അങ്ങനെയാണ് സയൻസ് പോകുന്നത് എപ്പോഴും അത് തിരുത്തിക്കൊണ്ട് ഇവിടെ അതല്ല ആ വ്യത്യാസവും മനസ്സിലാവും അതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ പറയുന്ന ശാസ്ത്രമൊന്നാണ് അപ്പോ എല്ലാത്തിനും ശാസ്ത്രമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഇതല്ല ശാസ്ത്രം മറ്റത് സയൻസ് രണ്ട് രണ്ടായിരത്തി തന്നെ പറയുന്നു സയൻസ് ശാസ്ത്രമാണ് ഈ പറയുന്നത് ശാസ്ത്രമാണ് ഈ സയൻസ് എന്ന് പറയുന്ന ശബ്ദത്തിന് ശാസ്ത്രമൊന്നും തർജ്ജമ ചെയ്തുകൊണ്ട് ഒരുപാട് ആശയപ്പെടുപ്പുണ്ടാകുന്നു ശാസ്ത്രം വേറെയാണ് സയൻസ് വേറെ ഇപ്പോഴും പറയുന്ന കാര്യമാണ് ശാസ്ത്രം സ്വതപ്രമാണം ാണ് സയൻസ് സ്വതന്ത്രമാണോ അല്ല അങ്ങനെയുള്ള കാര്യമേ അവിടെ ഈ വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് സയൻസിന് ഈ പറയുന്ന ബ്രഹ്മത്തെ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഈ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്ന മാറ്റമില്ലാത്ത ബ്രഹ്മമാണ് അതിനൊരു മാറ്റമില്ല സയൻസാണ് ഈ ബ്രഹ്മത്തെ കണ്ടെത്തുകയാണെങ്കിൽ സയൻസിന്റെ അറിവ് മാറിക്കൊണ്ടേ അപ്പോൾ സയൻസ് കണ്ടെത്തുന്ന ഇന്ന് ഈ ബ്രഹ്മത്തെ കണ്ടെത്തിയാൽ നാളെ സയൻസ് എന്തു ചെയ്യും ബ്രഹ്മത്തെ കണ്ടെത്തും അതിന്റെ അടവ് ബ്രഹ്മത്തെ കണ്ടെത്തും ഇങ്ങനെ മാറിക്കൊണ്ടേ അതുകൊണ്ടാണ് നമ്മുടെ ബ്രഹ്മത്തെ സയൻസിൽ കണ്ടെത്താൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു ഇതിന് മറാത്ത അറിവെന്നാണ് മറ്റൊരു മാറുന്നറിവുന്നു വ്യത്യാസം മനസ്സിലാക്കണം അപ്പൊ ഒരു വിഷയം ഇവിടെ കഴിഞ്ഞു പ്രശ്നം പ്രമീതോ അനപേക്ഷത്വേ അഭി ഉത്പത്തോ പ്രത്യക്ഷാപേക്ഷത്വാ തദ്വിരോധാത് അനുപത്തി ലക്ഷിടും അപ്രാമാണ്യം വിധിച്ചു അപ്പൊ വേദം സിദ്ധാന്തം പറഞ്ഞപ്പോ ഭൂർവക്ഷി പറയുകയാണ് വേദത്തെ അങ്ങനെ പ്രമാണമായി സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾ എന്താ പറഞ്ഞത് വേദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം ശരിയാണ് അതിനെ ശരിവെക്കുന്നതിന് വേറെ പ്രമാണത്തിന്റെ ആവശ്യം ഇല്ല പറയുന്നത് അത് ശരിയല്ല വേദവും മറ്റു പ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ട് മറ്റൊരു പ്രമാണത്തെ വേദം പ്രത്യക്ഷം പ്രത്യക്ഷത്തെ വേദം എപ്പോഴും ആശ്രയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇവിടെ ശ്രവണേന്ദ്രിയെടുക്കും മനസ്സിലാക്കാൻ ഇതൊരു പ്രമാണമാണ് ശബ്ദം കേൾക്കുന്നതുകൊണ്ടാണല്ലോ ശ്രവണേന്ദ്രിയത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നത് ശബ്ദത്തെയാണ് അപ്പൊ ശബ്ദജ്ഞാനത്തിന് പ്രമാണമായിരിക്കുന്ന എന്താണ് എന്താണ് ശബ്ദപ്രമാണം എന്താ പറയുന്നത് എന്താ കേട്ടോണ്ടിരിക്കുന്നു ഓ ഞാനെന്തിനായി ഇവിടെ നിന്ന് ബഹളം വയ്ക്കുന്നു ഞാനെന്ത് പറയുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവ ശബ്ദജ്ഞാനം പ്രമേയെന്നും പറയാ അതിന് പ്രമാണമായിരിക്കുന്നു എന്തെന്ന് ഞാൻ പറഞ്ഞിട്ടാ ചോദിച്ചത് ശ്രവണീന്ദ്രിയാണ് ശ്രവണേന്ദ്രിയത്തിൽ നിന്നാണ് നമുക്ക് ശബ്ദജ്ഞാനം ഉണ്ടാകുന്നത് അതിന് ശബ്ദപ്രമാന്ന് പറയുന്നത് അപ്പൊ വേദം എന്ന് പറയുന്നത് എന്താണ് വേദം എന്ന് പറയുന്നത് എന്താണ് ശബ്ദം അപ്പോ വേദത്തിൽ നിന്ന് നമുക്ക് ബോധം പ്രമേയം ഉണ്ടാകുന്നു പറയുന്നു വേദത്തിൽ നിന്ന് ബോധം ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്തു വേണം വേദത്തെ കേൾക്കണം വേദത്തെ കേൾക്കണമെങ്കിൽ എന്ത് വേണം ശ്രവണീന്ദ്രിയോടെ വേണം അപ്പൊ ശ്രവണീന്ദ്രിയ എന്ത് പ്രമാണം ഇപ്പൊ പ്രത്യക്ഷ പ്രമാണമായിരിക്കുന്ന ആശ്രയിച്ച് വേദജ്ഞാനം ഉണ്ടായിട്ട് പിന്നെയാണ് വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് വേദം വെച്ചാൽ ശബ്ദജ്ഞാനം ഉണ്ടായിട്ടാണ് ശബ്ദബോധം ഉണ്ടാവുക അപ്പൊ വേദത്തിൽ നിന്നുണ്ടാകുന്ന ശാബ്ദബോധം അത് പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ വ്യത്യാസം നേരത്തെ പറഞ്ഞെന്താണ് വേദത്തിൽ നിന്ന് നമുക്ക് ബോധമുണ്ടാകും ശരിയായ സ്വർഗജ്ഞാനം ഉണ്ടാകും ആ ജ്ഞാനത്തെ ശരിവയ്ക്കുന്നതിന് വേറെ പ്രമാണത്തിന്റെ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത് ഓർവക്ഷറെ ശരി അത് ഞങ്ങൾ അംഗീകരിക്കാം കാരണം അവരും ആസ്തികന്മാരാണ് ഞങ്ങൾ വേദപ്രമാണത്തെ പക്ഷേ വേദപ്രമാണം അതിന്റെ ആ പ്രമേയുടെ ഉത്പത്തി പ്രത്യക്ഷ ആശ്രയിക്കുന്നു കാരണം വേദമെന്ന് പറയുന്നത് ശബ്ദമാണ് ശബ്ദത്തെ ചെറുപണേന്ദ്രിയും കൊണ്ട് കേൾക്കുന്നു അപ്പം ശബ്ദം ഞാനും അതിൽ നിന്ന് ശബ്ദബോധം ഉണ്ടാകുന്നു ആ ശബ്ദബോധത്തിന്റെ ഉത്പത്തി അതിനെന്ത് ഇവിടെ ഏത് പ്രമാണത്തെ ആശ്രയിച്ചു പ്രത്യക്ഷ പ്രമാണത്തെ വേദം കേൾക്കാതെ വേദജ്ഞാനം ഉണ്ടാവൂ ശബ്ദം വേദം ശബ്ദമാണത് മറക്കരുത് ശബ്ദജ്ഞാനം ഉണ്ടായാലേന് ഉണ്ടാവൂ ശബ്ദബോധം പ്രമ അപ്പൊ ആ ശബ്ദബോധം വേദം എന്തിനാശ്രയിച്ചു പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിച്ചു അപ്പോ ശബ്ദബോധത്തിന്റെ ഉത്പത്തിയിൽ വേദം പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിച്ചു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ കൊണ്ടുവരുമെന്നുമാണ് ശബ്ദമാണ് ഒരാൾക്ക് ഈ വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം ഈ ശബ്ദം കേൾക്കണം ശബ്ദം കേൾക്കണമെങ്കിൽ എന്തുവേണം ശ്രവണീന്ദ്രിയ ആശ്രയിക്കണം അപ്പൊ ശ്രവണീന്ദ്രിയം കൊണ്ട് ഈ ശബ്ദം കേട്ടിട്ട് ഇതിൽ നിന്ന് പശുവിനെ കൊണ്ടുവരുക എന്ന് പറയുന്ന അർത്ഥബോധം ഉണ്ടാകണം അതിന്റെ ഉത്പത്തിയിൽ ഈ ശബ്ദം പശുവിനെ കൊണ്ടുവരുവെന്ന് പറഞ്ഞ ശബ്ദം എന്തിനെ ആശ്രയിച്ചു പ്രത്യക്ഷപ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ട് ശബ്ദമായിരുന്നു മനസ്സിലായടുത്ത് പറയുന്നത് പ്രമിതൗ അനപേക്ഷത്വ അപി വേദം അതിൽ ജ്ഞാനത്തിന്റെ പ്രാമാണ്യത്തിൽ അനപേക്ഷത്വേവി മറ്റ് പ്രമാണങ്ങളെയൊന്നും അപേക്ഷിക്കുന്നില്ലെങ്കിലും ഉത്പത്തോ ആ വേദത്തിൽ നിന്നുണ്ടാകുന്ന ആ പ്രമയുടെ ഉത്പത്തിയിൽ അല്ലെങ്കിൽ പ്രാമാണ്യത്തിന്റെ ഉത്പത്തിൽ പറയാം ഉത്പത്തിയിൽ പ്രത്യക്ഷ അപേക്ഷിത്വ പ്രത്യക്ഷത്തെ അപേക്ഷിക്കുന്നു ഇതാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ വേദം സ്വതപ്രമാണമല്ല അതിൽ സ്വതപ്രാമാണമില്ല എന്തുകൊണ്ട് അതും പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു ഉത്പത്തിയിൽ അവിടെ വ്യത്യാസം പറയുന്നുണ്ട് എന്നാൽ ബോധത്തിൽ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജപ്തിയിൽ ആശ്രയിക്കുന്നില്ല ബോധം ജപ്തി അതിൽ വേദം മറ്റു പ്രമാണങ്ങളെ ആശ്രയിക്കുന്നില്ല പക്ഷെ വേദം എന്ത് ചെയ്യുന്നു ആ പ്രമേയുടെ മറ്റു പ്രമാണങ്ങളെ ആശ്രയിക്കുന്നത് ഇതാണ് പറഞ്ഞത് രണ്ടു വാക്കലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഒരുപാടുണ്ട് ഒരുപാട് വിശദീകരണ ആവശ്യമാണ് വിശദീകരിച്ചാലും മനസ്സിലാകും അതാണ് പ്രമിതവും അനപേക്ഷത്വേവി ഉപത്തോ പ്രത്യക്ഷാപേക്ഷത്വ ശരി അതിനെന്താ വേദം എന്താ പറയുന്ന നേഹ നാനാസ്തിജന ബ്രഹ്മോഴികെ ബാക്കിയെല്ലാം അസത്യുമാണ് ബ്രഹ്മോഴികെ എല്ലാ അസത്യമാണ് അപ്പോ എന്തായി പ്രപഞ്ചം അസത്യമായി ഇന്ദ്രിയങ്ങളെല്ലാം അസത്യമാണ് അപ്പോ അസത്യമായ ഈ ശ്രവണേന്ദ്രിയത്തിൽ നിന്ന് ശ്രവണേന്ദ്രിയ ആശ്രയിച്ച് ഞാനുണ്ടാക്കണം ഈ ശബ്ദമോ അതും അസത്യമാണെന്തുകൊണ്ട് ബ്രഹ്മമൊഴിയെ ബാക്കിയെല്ലാം അസത്യമാണ് ഇന്ദ്രിയ അസത്യമാണ് ഇന്ദ്രിയത്തെ ആശ്രയിച്ച് ഉണ്ടായ വേദം ശബ്ദം അസത്യമാണ് ഇനി ഇതിന് രണ്ടിനെ ആശ്രയിച്ചുണ്ടായ പ്രമ അസത്യമായിരിക്കും എന്തുകൊണ്ട് ബ്രഹ്മ ഒഴികെ അല്ല അസത്യം എന്നാണ് അഭിവൃതി പറയുന്നത് അപ്പോ വേദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം മാത്രം സത്യമാവും അത് സത്യമാവും ബ്രഹ്മ ഒഴികെ സർവ്വ അസത്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയോ ശബ്ദരൂപത്തിലുള്ള വേദം അസത്യുമായി ഇതിൽ നിന്നുണ്ടായ പ്രമാ നിങ്ങൾ പറയുന്ന അങ്ങനെയൊന്നുമില്ല അതും അസത്യമാണ് ബ്രഹ്മം മാത്രമേ സത്യമാണ് അങ്ങനെ ഒരു കുഴപ്പം മനസ്സിലായോ എന്തുകൊണ്ട് ബ്രഹ്മസത്യം ജഗന് വിത്യെന്നാ പറഞ്ഞിരിക്കുന്നത് ആണ് പറഞ്ഞിരിക്കുന്നത് പ്രമിതോ അനപേക്ഷ മറ്റു പ്രമാണത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഉത്പത്തവും പ്രമേയുടെ ഉത്പത്തിയിൽ പ്രത്യക്ഷ അപേക്ഷത്തെ അപേക്ഷിക്കുന്നുണ്ട് എന്തപേക്ഷിക്കുന്നുണ്ട് എന്താപേക്ഷിക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ശ്രുതി ശ്രുതി പ്രത്യക്ഷ അപേക്ഷിക്കുന്നുണ്ട് ോധ അനുപ്പത്തി ലക്ഷണം അപ്രാമാണ്യം വേദം പറയുന്നത് പ്രത്യക്ഷത്തിന് വിരുദ്ധമാണ് പ്രത്യക്ഷവിരുദ്ധമായ കാര്യമാണ് എന്തുപറയുന്നത് വേദം പറയുന്നത് പ്രത്യക്ഷം എന്താണ് സത്യമാണെന്ന് പറയുന്നത് വേദം പറയുന്നത് എന്താണ് അസത്യമാണ് രണ്ടും തമ്മിൽ പരസ്പര വിരോധമുണ്ട് തദ്വിരോധ എന്തുപോലും അനുപത്തി ലക്ഷണം അപ്രാമാണ്യം പ്രമേയം ഉണ്ടാകത്തില്ല പ്രമേടെ ഉത്പത്തി ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് എല്ലാം അസത്യമാണ് പ്രമേയം എന്താണ് അസത്യമാണ് അപ്പോൾ അസത്യം പ്രമേയ അസത്യമാണെങ്കിൽ പിന്നെ പ്രമേയം ഇങ്ങനെ ഉത്പന്നമാവും അനുപത്തി ലക്ഷണം അപ്രാമാണ്യം അവിടെ അപ്രാമാണ്യം എന്ന് പറഞ്ഞാൽ പ്രമേ എന്ന് പൂർവക്ഷി പറയുന്നു അതുകൊണ്ട് പ്രമേഠ ഉത്പത്തിക്ക് വേണ്ടി വേദം പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം പറയുന്ന കാര്യവും പ്രത്യക്ഷത്തിന് വിരുദ്ധമായ കാര്യമാണ് വേദം വിരുദ്ധ സർവ്വവും അസത്യവും ബ്രഹ്മ ഒഴികെ സർവവും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഈ പ്രത്യക്ഷ പ്രമാണത്തെ ആശ്രയിച്ച് സത്യമായ ഒരു പ്രമ ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടുണ്ടാകത്തില്ല ബ്രഹ്മ എല്ലാ അസത്യമാണ് പിന്നെ പ്രമാണർത്ഥം യഥാർത്ഥം ഞാനും അങ്ങനെ യഥാർത്ഥം ഒന്നും എന്തുകൊണ്ടില്ല എല്ലാ അസത്യമാണ് എല്ലാ അസത്യമാണ് അതുകൊണ്ട് വേദത്തിൽ നിന്നുണ്ടാകുന്ന ആ പ്രമേല അതിലാ പ്രാമാണ്യത്തിൽ വേദം ഒരു പ്രമാണത്തെയും അന് ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഉത്പത്തിയിൽ ആശ്രയിക്കുന്നതു പറയേണ്ടി വരും പൂർവക്ഷം പറയാം ആശ്രയിച്ചു വേദത്തിൽ നിന്ന് പ്രമേയുണ്ടാകത്തില്ല കാരണം വേദം പറയുന്നത് പ്രത്യക്ഷ വിരുദ്ധമായ കാര്യമാണ് എന്താണ് ബ്രഹ്മൊഴിയെല്ലാം അസത്യമാണ് അപ്പൊ പ്രത്യക്ഷത്തെ ആശ്രയിച്ചുണ്ടാകുന്നതിന് പ്രമയും അസത്യമായിരിക്കും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കാര്യം